ദൈവനാമത്തിന് മഹത്വം നമുക്ക് മൊത്തം എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം പ്രാരംഭമായിട്ട് നോക്കാം മൊത്തം എഴുതിയ സുവിശേഷം അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അവിടെ മുപ്പത്തിനാല് മുതൽ മുപ്പത്തിനാല് മുതൽ മുപ്പത്തി വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരു കാര്യമാണ് കാണുന്നത് കർത്താവായി ഇങ്ങനെ ഇരിക്കുന്നതും ഒരു സമയം കളയുന്നതും ഒന്നും വലിയ കാര്യമുള്ള കാര്യമല്ല ദൈവത്തെ സ്നേഹിക്കണം അതൊരു വളരെ ഫണ്ടമെൻ്റലായ വളരെ പ്രാഥമികമായ ഒരു കാര്യമാണെന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ ഇതാ ആ സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പൂർണ്ണത പൂർണ്ണത പൂർണ്ണത എന്ന് മൂന്ന് വട്ടം എടുത്തു നമ്മൾ ഈ ലേലമൊക്കെ ഉറപ്പിക്കുന്ന പോലെ മൂന്ന് വട്ടം പറഞ്ഞിരിക്കുക ഒരു തരം രണ്ട് എന്ന് പറയുന്ന പോലെ പൂർണ്ണ ഹൃദയം പൂർണ്ണ ആത്മാവ് പൂർണ്ണ മനസ്സ് പൂർണ്ണത പെർഫെക്റ്റായിട്ട് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം അതാണ് ഒന്നാമത്തേതും വലിയതുമായ കൽപ്പന ഈ കാര്യത്തെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും ഈ കർത്താവിനോടുള്ള സ്നേഹമാണ് പ്രധാനമെങ്കിൽ അത് പൂർണ്ണമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിൽ വർദ്ധിച്ചു വരുന്നതിലാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അല്ലേ ഒരു കാര്യം ഞാൻ പിടിക്കുന്നു എന്ന് പറഞ്ഞു പൗലോസ് പറയുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഒരൊറ്റ കാര്യം ലക്ഷ്യം വെക്കുന്നെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന ആ കാര്യത്തിലാണ് ലക്ഷ്യം വെക്കേണ്ടത് അത് തന്നെയല്ല ഇത്രയും പൂർണ്ണം പൂർണ്ണം പൂർണ്ണമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗൗരവമായിട്ടെടുത്താൽ നമ്മൾ സ്നേഹത്തിൽ നമുക്കാർക്കും പൂർണ്ണരായി എന്ന് പറയാനൊക്കെയില്ല പക്ഷേ അതിനായിട്ട് പൂർണ്ണതയ്ക്കായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കാൻ ഉത്സാഹിക്കണം പൂർണ്ണ ആത്മാവോടെ കർത്താവിനെ സ്നേഹിക്കാൻ ഉത്സാഹിക്കണം പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാൻ ഉത്സാഹിക്കണം അങ്ങനെ ഉത്സാഹിച്ച് വരുമ്പോൾ ചുരുക്കത്തിൽ കർത്താവിനോടുള്ള നമ്മുടെ സ്നേഹം കൂടിക്കൂടി കൂടി വന്ന് വരുന്നതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ച എന്ന് പറയാം കഴിഞ്ഞ ആഴ്ചയേക്കാൾ എനിക്ക് കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ കഴിഞ്ഞ വർഷത്തേക്കാൾ സ്നേഹം വർദ്ധിച്ചിട്ടുണ്ടോ നേരത്തെ ഉള്ളതിനേക്കാൾ സ്നേഹം കൂടിയിട്ടുണ്ടോ ആട്ട ഇങ്ങനെ സ്നേഹം കൂടണമെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും എങ്ങനെയായത് കൂടാനൊക്കെ നമ്മളിപ്പോൾ എനിക്ക് കർത്താവിനോട് സ്നേഹം കൂടണം കൂടണം എന്ന് നൂറ്റൊന്ന് വട്ടം പറഞ്ഞുകൊണ്ടിരുന്ന നടക്കും സ്നേഹം കൂടാൻ സ്നേഹമാണ് പ്രധാനം അത് കൂടുകയും നമ്മൾ കണ്ടു അങ്ങനെയെങ്കിൽ അതെങ്ങനെ കൂടും അതെങ്ങനെ വർദ്ധിക്കും അതിനെക്കുറിച്ച് ഒരു ബോധ്യം നൽകുന്ന ഒരു കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്നൊരു സംഭവം നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൽ നിന്നാണ് ആ സംഭവം നമ്മുടെ സ്നേഹം വർദ്ധിക്കണം കർത്താവിനോടുള്ള സ്നേഹം വർദ്ധിക്കണം അതിനെന്താ വഴി എന്ന് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ സുവിശേഷത്തിൽ നിന്ന് കർത്താവ് തന്നെ പറഞ്ഞ ഒരു വഴി നമുക്ക് കണ്ടെത്താൻ കഴിയും ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കർത്താവ് തന്നെ സ്വീകരിച്ച ആ വീട്ടുകാരനോട് ചോദിച്ചു ആരാണ് അധികം സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അധികം സ്നേഹിക്കാൻ കഴിയുന്നത് അതിന് മറുപടിയായിട്ട് നാൽപ്പത്തി മൂന്നാമത്തെ ഏഴിൻ്റെ നാൽപ്പത്തി വാക്യത്തിൽ ആ വീട്ടുകാരൻ പരീശന്മാരിൽ പ്രധാനിയായിരുന്ന ഷിമോൻ അവന് പറയുന്നു അവൻ എന്ത് പറയുന്നു അവൻ പറയുന്നു അധികം ഇളച്ച് കിട്ടിയവൻ എന്ന് ഞാൻ ഊഹിക്കുന്നു എന്ന് ഷിമോൻ പറഞ്ഞു അതിന് കർത്താവ് പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നീ വിധിച്ചത് ശരിയാണ് എന്നിട്ട് അതിൻ്റെ നാൽപ്പത്തേഴാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലും കർത്താവ് ഇതേ കാര്യം പറയുന്നു അല്പം മോചിച്ച് കിട്ടിയവൻ ഈ സംഭവം നമുക്കറിയാം കർത്താവിനെ ഭക്ഷണം കഴിക്കാനായിട്ട് ഷിമോൻ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വീട്ടിലേക്ക് വിളിച്ചെങ്കിലും ഷിമോന് യേശുവിനോട് ഒരു പൂർണ്ണ സ്നേഹം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അവൻ്റെ സ്നേഹത്തിൽ കുറവുണ്ടായിരുന്നു നമുക്കും സ്നേഹത്തിൽ കുറവുണ്ടെങ്കിലും നമുക്കെന്ത് ചെയ്യാൻ കഴിയും ആത്മീയമായ ഒത്തിരി കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാൻ കഴിയും പാട്ട് പാടാൻ കഴിയും മീറ്റിങ്ങിന് വരാൻ കഴിയും പല കാര്യങ്ങളിലേർപ്പെടാൻ കഴിയും ഈ ശീമോനെ പോലെ നമുക്ക് ആയിരിപ്പനായിട്ട് കഴിയും അവന് കർത്താവിനോട് സ്നേഹമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നു സ്നേഹമുണ്ടായിരുന്നു പക്ഷേ ആ സ്നേഹത്തെ കുറച്ച് സ്നേഹം എന്നാണ് ഈ ഇതിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതേസമയം കർത്താവിനെ അവൻ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും കുറച്ച് സ്നേഹിച്ചാണ് വിളിച്ചത് അങ്ങനെ ഇരുന്നപ്പം അവിടെ പട്ടണത്തിലെ പാവിനിയായ ഒരു സ്ത്രീ വന്നിട്ട് അവനെ അവൻ്റെ കാല് കണ്ണുനീര് കൊണ്ട് തുടച്ചു തലമുടി കൊണ്ട് തുടച്ചു കാൽ ചുംബിച്ചു പരിമിള തൈലം പൂശി ഇതെല്ലാം ഒരു വശത്ത് നടക്കുന്നുണ്ട് നടക്കുമ്പോൾ കർത്താവ് ഈ ശീമോൻ്റെ മനസ്സിൽ പൊങ്ങി വരുന്ന പല ചിന്തകളോടുള്ള ബന്ധത്തിൽ കർത്താവ് അവനോട് ചു ഒരു കടം ഞാൻ നിന്നോട് ചോദിക്കാം ഒരു കഥ നിന്നോട് ചോദിക്കാം നീ അതിന് ഉത്തരം പറയണമെന്ന് പറഞ്ഞ് യേശു പറയുന്നു അപ്പോൾ അവൻ പറഞ്ഞു ഗുരു പറഞ്ഞാലും എന്ന് പറഞ്ഞു യേശു പറയുന്ന സംഭവം ഇതാണ് കടം കൊടുക്കുന്ന ഒരുത്തൻ തൻ്റെ രണ്ട് കടക്കാർക്ക് ഒരുപോലെ ഇളച്ചു കൊടുത്തു ഒരുവന് അഞ്ഞൂറ് വെള്ളിക്കാശും മറ്റവന് അൻപത് വെള്ളിക്കാശും രണ്ടു പേരും കടപ്പെട്ടതാണ് രണ്ടുപേരും ഒരാൾ അമ്പതേ കടപ്പെട്ടുള്ളൂ അന്നത്തെ കാലഘട്ടത്തിലെ ഒരു രണ്ട് മാസം ഒരാൾ പോയി അധ്വാനിച്ചാൽ ഏറെക്കുറെ ഉണ്ടാകുന്ന ഒരു തുക അൻപത് വെള്ളിക്കാശ് അത് അത്രയാൾ കടപ്പെട്ടുള്ളൂ അത്രയും ഇളച്ചു കൊടുത്തു വേറൊരാളോ വേറൊരാൾ അഞ്ഞൂറ് വെള്ളിക്കാശ് കടപ്പെട്ടു ഏതാണ്ട് രണ്ട് വർഷത്തോളം ദിവസവും പോയി അധ്വാനിച്ചാൽ കിട്ടുന്നതെല്ലാം കൂടെ കൂട്ടിവെച്ചാൽ ഉണ്ടാകുന്ന അത്രയും വലിയൊരു തുക അഞ്ഞൂറ് വെള്ളിക്കാശ് അതും എന്തു ചെയ്തു അതും ഇളച്ചു കൊടുത്തു രണ്ടു പേർക്കും ഇളച്ചു കൊടുത്തു പക്ഷേ ഒരാൾക്ക് അമ്പത് വെള്ളിക്കാശ് ഇളച്ചു കൊടുത്താൽ മതിയായിരുന്നു മറ്റേ ആൾക്ക് അഞ്ഞൂറ് വെള്ളിക്കാശ് ഇളച്ചു കൊടുക്കണമായിരുന്നു രണ്ടു പേർക്കും ഈ യജമാനൻ ഇളച്ചു കൊടുത്തു എന്നാൽ അവരിൽ ആർ അധികം അവനെ സ്നേഹിക്കും ഇതാണ് കർത്താവിൻ്റെ ചോദ്യം ഉടനെശിമോനൊന്ന് കണക്ക് കൂട്ടി അവൻ വളരെ മിടുക്കനായിരുന്നു എല്ലാ കാര്യങ്ങളും അറിയാം തിരുവഴുത്തിലെ കാര്യങ്ങളുമൊക്കെ വള്ളി പുള്ളി വിസർഗം തെറ്റാതെ എല്ലാം പറയാനറിയാവുന്നവൻ പെട്ടെന്ന് ഒരു മനക്കണക്കൊക്കെ കൂട്ടി അവൻ വേഗത്തിൽ പറഞ്ഞു ആ അത് അധികം ആർക്ക് കിട്ടിയോ അവർ അധികം സ്നേഹിക്കും ഒരു ബാങ്കിൽ ഒരാൾക്ക് അമ്പത് ലക്ഷം കടമുണ്ടായിരുന്നു അത് ബാങ്ക് ഇളച്ച് കൊടുത്തു വേറൊരാൾക്ക് അയ്യായിരം രൂപ കടമുണ്ടായിരുന്നു അതും ഇളച്ചു കൊടുത്തു ബാങ്കിനോടാർക്ക് ആ കൂടുതൽ കടപ്പാട് കൂടുതൽ ഇളച്ച് കിട്ടിയ ആൾക്ക് കൂടുതൽ കടപ്പാട് കാണും ഇതൊരു പ്യുവർ ലോജിക്കാണ് ആ ലോജിക്ക് വെച്ചിട്ട് ശിവോൻ പറഞ്ഞു അങ്ങനെ ആയിരിക്കുമെന്ന് പറഞ്ഞു കർത്താവ് അപ്പോൾ എന്താ പറഞ്ഞത് നീ വിധിച്ചത് ശരിയാണ് ശരിയാ അതാ ശരി പ്രിയപ്പെട്ടവര് എന്നിട്ട് കർത്താവ് അവിടെ പറയുന്നു കൂടുതൽ ഇളച്ച് കിട്ടിയവൻ സ്നേഹിക്കും കുറച്ച് ഇളച്ച് കിട്ടിയവൻ കുറച്ചേ സ്നേഹിക്കുകയുള്ളൂ എന്ന് കർത്താവ് അവിടെ പറഞ്ഞങ്ങ് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈ പാപിനിയായ സ്ത്രീ അവള് കൂടുതൽ ഇളച്ച് കിട്ടിയവളെ പോലെ പെരുമാറി നീയോ നീ കുറച്ചു മാത്രം ഇളച്ചു കിട്ടിയവനെ പോലെയാണ് പെരുമാറിയത് നിനക്ക് സ്നേഹം കുറവാണ് ഈ സ്ത്രീക്ക് സ്നേഹം കൂടുതലാണ് കർത്താവനെയാ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവര് നമ്മുടെ പ്രശ്നം നമ്മൾ തുടങ്ങിയത് മൊത്തമായി എഴുതിയ സുശേഷം ഇരുപത്തിരണ്ടിൻ്റെ മുപ്പത്താറ് മുപ്പത്തേഴ് വാക്യങ്ങൾ വായിച്ചാണ് തുടങ്ങിയത് നമ്മൾ നമ്മുടെ പ്രശ്നം നമുക്ക് ഒരേ ഒരു കാര്യമാണ് പ്രധാനമെങ്കിൽ അത് ദൈവത്തെ സ്നേഹിക്കുന്നതാണ് ആട്ടെ ഈ സ്നേഹം എങ്ങനെ വർദ്ധിക്കാനായിട്ട് കഴിയും അതിനൊരു മാർഗമാണ് നമ്മളിവിടെ കണ്ടെത്തിയത് നമ്മൾ ആരെപ്പോലെ ചിന്തിക്കണം അഞ്ഞൂറ് വെള്ളിക്കാശ് ഇളച്ച് കിട്ടിയ ആളിനെ പോലെ നമ്മൾ നമ്മളെ തന്നെ കാണണം അല്ലാതെ അൻപത് വെള്ളിക്കാശ് ഇളച്ച് കിട്ടിയ ആളിനെ പോലെ കണ്ടാൽ കുറച്ച് അളച്ച് കിട്ടിയവൻ കുറച്ചേ സ്നേഹിക്കുള്ളൂ അതേസമയം നമ്മൾ കൂടുതൽ ഇളച്ച് കിട്ടിയവരെ പോലെ നമ്മൾ നമ്മളെ തന്നെ കാണണം അങ്ങനെ കണ്ടാൽ നമുക്ക് അധികം സ്നേഹിക്കാനായിട്ട് കഴിയും ഇത് പോട്ടെ എങ്ങനെ നമുക്ക് അഞ്ഞൂറ് വെള്ളിക്കാശ് ഇളച്ച് കിട്ടിയതുപോലെ അങ്ങനെ നമ്മളെ തന്നെ കാണാനായിട്ട് കഴിയുന്നത് എങ്ങനെയാണ് കഴിയുന്നത് നമ്മൾ ദൈവം നമ്മളോട് നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമ്മുടെ പാപങ്ങൾ എത്രത്തോളം ക്ഷമിച്ച് നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് എങ്ങനെയാണ് കാണുന്നത് ഞാൻ ഒരുമാതിരി കൊള്ളാവുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു ചെറുപ്പം മുതലേ അച്ചടക്കമുള്ള മാതാപിതാക്കളാൽ വളർത്തപ്പെട്ടു ഞാനങ്ങനെ പട്ടിയെ പറയുന്ന പാവമൊന്നും ചെയ്തില്ല ഞാൻ സ്കൂളിൽ പോയി പത്താം ക്ലാസ് കഴിഞ്ഞ് ഒരു ദിവസം ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ കർത്താവിനായിട്ട് ഹൃദയം കൊടുക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ ഞാൻ മാന്യമായിട്ടൊരു ജോലിയൊക്കെ നേടി സമൂഹത്തിൽ മാന്യനായിട്ട് ജീവിക്കുന്നു കർത്താവിനോട് എനിക്ക് സ്നേഹമുണ്ടോ സ്നേഹമുണ്ട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ മീറ്റിങ്ങിനൊക്കെ വരുന്നത് നമ്മൾ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ നമ്മൾ ഈ പരീശനോടാണോ നമുക്ക് കൂടുതലടുപ്പം അതോ ഈ പാവിനിയായ സ്ത്രീയോടാണോ കൂടുതലടുപ്പം പാപിനിയായ സ്ത്രീക്ക് എന്താ അവൾക്കൊന്നും പറയാനില്ല അവൾക്ക് മുഴുവൻ പാപത്തിലാണവൾ അങ്ങനെയുള്ള അവൾ അവളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവൾ തന്നെ തന്നെ കാണുന്നത് മുഴുവനും കർത്താവിൻ്റെ കരുണയാണ് കർത്താവിൻ്റെ സ്നേഹമാണ് കർത്താവിനിക്കു മുഴുവന് വിളച്ച് തന്നു ഇങ്ങനെയാണ് നമ്മൾ അവൾ കാണുന്നത് നമുക്ക് ഇതിൽ ആരോടാണ് കൂടുതലടുപ്പം ഈ ഷീമോനോടാണോ കൂടുതൽ അടുപ്പം അതോ ഈ പാപിനിയായ സ്ത്രീയോടാണോ ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം താരതമ്യേനെ അടുപ്പം കൂടുതൽ ആരോട് തന്നെ ഈ ഷീമോനോടത്തു തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മളാരും ഈ പാപിനിയായ സ്ത്രീയെപ്പോലെ അങ്ങനെയുള്ള വലിയ കുഴപ്പങ്ങളൊന്നും ചെയ്തിട്ടില്ല സമൂഹത്തിൽ പട്ടികപ്പെട്ട പാവങ്ങളൊന്നും ചെയ്തിട്ടില്ല പണ്ടൊരാൾ പറഞ്ഞു ഈ ഈ പന്തകോശലൊക്കെ കൺവെൻഷനുകൾക്കൊക്കെ വലിയ വലിയ പ്രസംഗരൊക്കെ വരുമ്പോൾ ആദ്യം അതിനൊരു തുടക്കത്തിന് വേണ്ടി ആരെക്കൊണ്ടെങ്കിലുമൊക്കെ സാക്ഷ്യം പറയിപ്പിക്കും അപ്പോൾ സാക്ഷ്യം പറയാൻ പലർക്കും ചാൻസ് കിട്ടിയപ്പോൾ ഒരാൾ പറഞ്ഞു നമ്മൾ അന്നത്തെ കാലത്ത് പോയി വലിയവരെയും കൊല്ലുകയോ വല്ല സെൻട്രൽ ജയിലിൽ പതിനാല് വല്ലതും കിടക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇപ്പം കൺവെൻഷന് സാക്ഷ്യം പറയാൻ ഒരു അവസരം കിട്ടിയത് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ ഈ പൊതിയനം വന്നിരിക്കുമ്പം അവർക്ക് അപ്പീലിംഗ് ആയിട്ടൊരു സാക്ഷ്യം വേണമെങ്കിൽ എന്താ ഓ ഞാൻ മൂന്ന് പേരെ കൊന്ന് സെൻട്രയിൽ പതിനാല് കൊല്ലം കടന്നു അല്ലെ പതിനാറ് കൊല്ലം കടന്നു കർത്താവിൻ്റെ പാപങ്ങൾ മോചിച്ച് തന്നു ഞാൻ വലിയ കുഴപ്പക്കാരനായിരുന്നു കള്ളനോട്ടടിച്ചു യന്ത്രം സഹിതം എൻ്റെ വീട്ടിൽ നിന്ന് പിടിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെയുള്ള ചരിത്രം വിവരിച്ചു കഴിയുമ്പോൾ എല്ലാവർക്കും ഓ ഇത്രയും വലിയ പാപിയായ ഒരാൾ അപ്പോൾ അത് കേട്ടോ നമ്മൾ ഈ ഈ സാക്ഷ്യം പറയുന്ന ആളും മറ്റേ അഭിപ്രായം പറഞ്ഞ ആളും ഇവരെ തമ്മി താരതമ്യം ചെയ്താൽ നമ്മൾ താരതമ്യേനെ ആരെ കൊല്ലുകയോ കള്ളനോട്ടടിക്കുകയോ ഒന്നും ചെയ്യാത്ത നമുക്കടുപ്പം ആരോടാ ആ മറ്റേ അഭിപ്രായം പറഞ്ഞ ആളോടാണ് നമ്മളും ആയ കാലത്തെങ്ങാണും വലിയവരെയും കൊന്നിരുന്നെങ്കിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയേനേയും എന്ന് പറഞ്ഞ പോലെ ഉള്ള കാര്യമല്ലേ അതുകൊണ്ട് എന്താണ് വേണ്ടത് അതുകൊണ്ട് കർത്താവിന് കർത്താവ് കൂടുതൽ ക്ഷമിച്ച് തന്നു കർത്താവ് കൂടുതൽ ക്ഷമിച്ച് തരാൻ വേണ്ടി നമ്മൾ പോയി കൂടുതൽ പാപം ചെയ്യുക എന്നുള്ള ഒരു കാര്യമാണോ എങ്ങനാണ് നമുക്കങ്ങനൊരു ബോധ്യം കിട്ടുന്നത് കൂടുതൽ അളച്ച് കിട്ടി എന്നൊരു ബോധ്യം കിട്ടാൻ കൂടുതൽ പാപം ചെയ്യുകയാണോ ഇത് ഞാൻ ഉണ്ടാക്കി പറഞ്ഞ ഒരു വിഷയമല്ല ഈ വിഷയമാണ് റോമർ കഴുതി ലേഖനത്തിൽ പൗലോസ് കൈകാര്യം ചെയ്യുന്നത് പൗലോസ് പറയുക അതിൻ്റെ ആറാമധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നോക്കുക ആകെയാൽ നാം എന്ത് പറയേണ്ടു കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ദൈവത്തിൽ നിന്ന് കൂടുതൽ കൃപ കിട്ടാൻ നമ്മൾ പോയി കൂടുതൽ പാപം ചെയ്യണമെന്നാണോ കൂടുതൽ പേരെ കൊന്നു കള്ളനോട്ടടിച്ചു വലിയ പട്ടികപ്പെട്ട പാപങ്ങളൊക്കെ ചെയ്തു അതാണോ അതിൻ്റെ ഒരു പരിഹാരം കർത്താവ് എന്നോട് കൂടുതൽ സ്നേഹം തോന്നാൻ കൂടുതൽ ഇളച്ച് കിട്ടിയെന്ന് തോന്നാൻ കൂടുതൽ പാപം ചെയ്ത് ശരി ഞാൻ ശിമോനെപ്പോലൊന്നുമല്ല ഞാൻ പാപിനിയായ സ്ത്രീയെപ്പോലാകാൻ ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞ് കൂടുതൽ പാപത്തിൽ മുഴുകാണോ ഇതിൻ്റെ മാർഗം ഇവിടെ പൗലോസ് തന്നെ പറയുന്നു ഒരു നാൾ വരുത് ഒരു നാൾ വരുത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് നോക്കുന്നത് ഇതൊരു കടങ്കഥ പോലാണ് നമുക്ക് കർത്താവിനോട് കൂടുതൽ സ്നേഹം വേണം പക്ഷേ കൂടുതൽ സ്നേഹം വേണമെങ്കിൽ കൂടുതൽ ഇളച്ച് കിട്ടിയെന്ന് തോന്നണം കൂടുതൽ ഇളച്ച് കിട്ടണമെങ്കിൽ നമ്മൾ കൂടുതൽ പാപം ചെയ്തു എന്നുള്ള ഒരു അക്നോളജ്മെൻറ്റിൽ ആണല്ലോ കൂടുതൽ ഇളച്ച് കിട്ടിയെന്ന് നമുക്ക് കരുതാൻ വെക്കുന്നത് അപ്പോൾ കൂടുതലൊട്ട് പാപം ചെയ്യാമോയെന്ന് ചോദിച്ചപ്പം ഒരു നാളും തൊട്ട് അരുതെന്നും പറയുന്നു ഇനി എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്കറിയാവുന്നതുപോലെ പാപത്തിൻ്റെ നിർവചനത്തിൽ നമുക്കൊരു മാറ്റമുണ്ടായാൽ മതി നമ്മളിന്ന് പാപം പാപമെന്ന് പറയുമ്പോൾ എന്താ പാപം പാപമെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ പട്ടികയിൽപ്പെട്ട പാപം പത്ത് കൽപ്പനകൾ പത്ത് കൽപ്പനകളിൽ പല തെറ്റുകളെക്കുറിച്ച് പറയുന്നുണ്ട് കൊല ചെയ്യരുത് കൊല ചെയ്താൽ പാപം വ്യഭിചാരം ചെയ്യരുത് ചെയ്താൽ പാപം മോഷ്ടിക്കരുത് മോഷ്ടിച്ചാൽ പാപം അങ്ങനെ പട്ടികയിൽപ്പെട്ട പാപങ്ങളാണ് പാപങ്ങൾ അതിൽ കുറഞ്ഞതൊന്നും പാപമല്ല എന്നുള്ള പാപത്തിൻ്റെ ഒരു നിർവചനം വെച്ചാണ് ഞാൻ നീ ജീവിക്കുന്നതെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പോൾ എന്താ നമുക്ക് അധികമൊന്നും ഇളച്ച് ഞാൻ ആരെയും കൊന്നിട്ടില്ല ഞാൻ മോഷ്ടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പാപത്തിൻ്റെ നിർവചനങ്ങൾ ബൈബിളിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളതുപോലെ പാപത്തിന് വ്യത്യസ്തമായ നിർവചനങ്ങൾ ബൈബിളിലുണ്ട് ഒന്ന് യോഹന്നാനിൽ നമ്മളൊരു നിർവചനം കാണുന്നു ഒന്ന് യോഹന്നാൻ അതിൻ്റെ മൂന്നാമധ്യായം മൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു പാപം അധർമ്മം തന്നെ ലോലസ്നെസ് ഈസ് സിൻ അധർമ്മം ധർമ്മം അല്ലാത്തത് ചെയ്യുന്നതാണ് പാപം എന്നാണ് ഇവിടെ കാണുന്നത് മൂന്നാമധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോഴും അവിടെ എന്താണ് നമ്മൾ കാണുന്നത് പാപം ചെയ്യുന്നവൻ പാപം ചെയ്യുക പാപം ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങളാണ് പാപം തെറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പാപം എന്നൊരു നിർവചനമാണ് നമ്മൾ ഒന്നിയോഹ ഞാൻ അധ്യായത്തിൽ പലയിടത്തും കാണുന്നത് രണ്ടാമധ്യായത്തിലും ഒരുത്തൻ പാപം ചെയ്താൽ രണ്ടിൻ്റെ ഒന്നാമത്തെ വാക്യം അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ നോക്കുമ്പോൾ പാപത്തിൻ്റെ ഒരു നിർവചനം നമുക്ക് കിട്ടുന്നു ചെയ്യുന്നതാണ് തെറ്റായിട്ട് ചെയ്യുന്നതാണ് പാപം അത് പാപത്തിൻ്റെ ഒരു നിർവചനമാണ് ഈ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയ നാട്ടിലെ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് നമ്മൾ തെറ്റായിട്ട് മറ്റൊരാടെ ജീവനെടുത്തു മറ്റൊരാടെ വസ്തു നമ്മൾ അപഹരിച്ചു മറ്റൊരാളുടെ മാന്യതയെ നമ്മൾ ഇല്ലാതാക്കി ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്താൽ ചെയ്താൽ ചെയ്താൽ ചെയ്തില്ലെങ്കിൽ എന്തല്ല പോലീസ് പിടിച്ചോണ്ട് പോവുകയില്ല ഏഹ് നമ്മളൊരാളെ കൊന്നാൽ മാത്രമേ പോലീസ് എന്ത് ചെയ്യുകയുള്ളൂ അറസ്റ്റ് ചെയ്യുള്ളൂ അതിന് പകരം കൊല്ലുന്ന മട്ടി നമ്മുടെ ഹൃദയത്തിൽ അയാളോടുള്ള വൈരാഗ്യം പൊങ്ങി വന്നാൽ പോലീസ് പിടിച്ചോണ്ട് പോകൂ ഇല്ല നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്നത് നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ എന്തല്ല തെറ്റല്ല നമ്മളത് ചെയ്താൽ മാത്രമേ അത് നിയമത്തിൻ്റെ ദൃഷ്ടി തെറ്റാവും നമുക്ക് അന്യൻ്റെ ഒരു മുതല് കണ്ടു അതിനോട് മോഹമുണ്ട് പക്ഷേ നമ്മളത് ഹൃദയത്തിൽ സൂക്ഷിച്ചു ഈ ലോകത്തിലെ നിയമം അനുസരിച്ച് ഹൃദയത്തിൽ മാത്രമേ അതുള്ളൂ അത് പുറത്തൊരു പ്രവൃത്തിയായിട്ട് വന്നില്ലെങ്കിൽ അത് ചെയ്തില്ലെങ്കിൽ അവനെ മോഷണക്കുറ്റത്തിന് അറസ്റ്റ് ചെയ്യുകയില്ല നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മഞ്ഞൻ്റെ മുതൽ നീയെ അതുകൊണ്ട് നിന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോന്നു അങ്ങനില്ല അങ്ങനില്ല ഹൃദയത്തിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഈ നിയമം പിടികൂടുന്നില്ല ചെയ്യുന്ന കാര്യങ്ങളാണ് തെറ്റ് ചെയ്താൽ ഒരു ഒരു വരയ്ക്കപ്പുറത്തോട്ട് പോയാൽ അതാണ് പാപം എന്നാൽ നമ്മൾ ദൈവജനത്തോടടുത്ത് വരുമ്പം അത് മാത്രമല്ല പാപം നമ്മൾ പലപ്പോഴും പല വാക്യങ്ങളെ കണ്ടിട്ടുണ്ടല്ലോ യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവന് അത് പാപമാണ് നാലാമധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം അവിടെ പാപത്തിൻ്റെ നിർവചനത്തിൽ നന്മ ചെയ്യുവാനറിഞ്ഞിട്ടും ചെയ്യാത്തവന് അത് പാപമാണ് അപ്പം ചെയ്യാതിരുന്നാലും അത് പാപം തന്നെയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പാപത്തിൻ്റെ കുറിച്ചുള്ള നിർവചനം അങ്ങനെ വർദ്ധിച്ചു വരുന്നതാണ് നമ്മൾ കാണുന്നത് റോമർ കെഴുതിയ ലേഖനം പതിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ വരുമ്പം നമ്മൾ പാപത്തിൻ്റെ മറ്റൊരു നിർവചനം കാണുന്നു വിശ്വാസം കൂടാതെ ചെയ്താൽ അത് നല്ല കാര്യമാണ് നല്ല കാര്യമാണ് നേരത്തെ യാക്കോബി നമ്മൾ പറഞ്ഞത് നല്ല കാര്യം ചെയ്യാതിരുന്നാൽ അത് പാപമാണെന്നാണ് പറഞ്ഞത് എന്നാൽ നമ്മൾ വിചാരിക്കുക നല്ല കാര്യം നമുക്ക് ചെയ്ത് കളയാം എന്ന് വിചാരിച്ച് നല്ല കാര്യം ചെയ്തപ്പോൾ ഉണ്ട് അത് വിശ്വാസത്തിൽ നിന്നല്ലാത്തതുകൊണ്ട് റോമർ പതിനാലിൻ്റെ 23 മൂന്നനുസരിച്ച് നമ്മൾ അവിടെയും തെറ്റുകാരായി റോമർ പതിനാലിൻ്റെ ഇരുപത്തി മൂന്ന് കണ്ടോ അവിടെ പറയുന്നത് എന്താ അവിടെ വിശ്വാസത്തിൽ നിന്ന് ഉത്ഭവിക്കാത്തതെല്ലാം പാപമാണ് നല്ല കാര്യമാണ് നമ്മൾ ചെയ്തത് പക്ഷേ ചെയ്യേണ്ട നന്മപ്രവൃത്തിയാണ് ചെയ്തത് പക്ഷെ അവിടെ വിശ്വാസം അതിൻ്റെ അടിത്തറയാകാഞ്ഞതുകൊണ്ട് അതിനെയും പാപമെന്നും മുദ്ര കുത്തുന്നു കണ്ടോ പാപത്തിൻ്റെ നിർവചനം അങ്ങനെ കൂടിക്കൂടി വരിക ഒടുവിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള പോലെ റോമർക്കെഴുതിയ ലേഖനം അതിൻ്റെ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നാണ് ഇന്ന് പുതിയ ഉടമ്പടിയിൽ കർത്താവിനെ പിൻപറ്റുന്ന ഒരാൾ പാപത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ നിർവചനമായിട്ട് കാണേണ്ടത് അവിടെ എന്താ പറയുന്നത് ദൈവതേജസ്സിൽ കുറവായിട്ടുള്ളതെല്ലാം പാപമാണ് റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്ന് നമ്മൾ തിരിച്ചിടുമ്പോൾ നമുക്കങ്ങനെയാണ് കിട്ടുന്നത് ദൈവതേജസ് കുറവായിട്ടുള്ളതെല്ലാം പാപമാണ് ദൈവ എവിടെ കാണാം തൻ്റെ പുത്രനായ യേശുവിൽ കാണാം പുത്രനിലാണ് ദൈവത്തിൻ്റെ തേജസ് മുഴുവനും വിളങ്ങിക്കാണുന്നത് എന്ന് വെച്ചാൽ തേജസ് വിളങ്ങിക്കാണുക എന്ന് പറഞ്ഞാൽ കർത്താവീ ഭൂമിയിലൂടെ നടന്നപ്പോൾ തൻ്റെ തലയ്ക്ക് ചുറ്റി ഒരു ഹാലം ഉണ്ടായിരുന്നു പടത്തിലൊക്കെ കാണുന്ന പോലെ അങ്ങനെയാണോ നമ്മൾ വിചാരിക്കേണ്ടത് അങ്ങനെയല്ല കർത്താവ് ഇവിടെ ഭൂമി നടന്നപ്പം സാധാരണ മറ്റാളുകളെ പോലെ തന്നെ ആർക്കും തിരിച്ചറിയാനൊക്കെ വരുന്നില്ല അതുകൊണ്ടാണല്ലോ പരീശന്മാരും പുരോഹിതനും ഒക്കെ ഒറ്റ കൊടുക്കാൻ ഒരാളിനെ അന്വേഷിച്ചത് അതിനു പകരം തലയ്ക്ക് ചുറ്റി ഒരു പ്രഭാവലയം ഉണ്ടായിരുന്നെങ്കിൽ യൂതായിക്ക് കൊടുത്ത മുപ്പത് വെള്ളിക്കാശ് അവർക്ക് ലാഭിക്കായിരുന്നു അല്ലേ ആ നീ നിങ്ങൾ പോയി പന്ത്രണ്ട് ചെറുപ്പക്കാരെ ഏതാണ്ട് ഒരേ പ്രായത്തിലുള്ളവരവിടെ കാണും ആ കൂട്ടത്തിൽ തലയ്ക്ക് ചുറ്റും പ്രകാശമുള്ള ഒരാൾ കാണും ആ ആളാണ് നസ്രായനായ യേശു അയാളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോരെ എന്ന പട്ടാളക്കാരോട് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ അങ്ങനെ കാണാവുന്ന ഒരു തേജസ് ഈ തേജസ് മറിച്ച് തേജസ് എന്ന് പറയുന്നത് യേശുവിൻ്റെ സ്വഭാവമായിരുന്നു യേശുവിൻ്റെ ആ പ്രവർത്തന രീതി അതിനെ അതിൻ്റെ പിന്നിലുള്ള മനോഭാവം യേശു താൻ ജീവിതത്തിൽ ഒരു നിമിഷം പോലും തെറ്റായിട്ടൊരു കാര്യം ചെയ്തില്ല എല്ലാത്തോടും കൃത്യമായിട്ട് ദൈവം എങ്ങനെ ആഗ്രഹിച്ചോ അതുപോലെ പെരുമാറി ദൈവ തേജസ് തന്നിൽ നിറഞ്ഞു നിന്നു എന്നിട്ട് നമ്മളോട് പറയുന്നു ആ കർത്താവിൻ്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരാകണം അല്ലെങ്കിൽ ആ തേജസ്സിനൊപ്പം നമ്മളാകണം ആ തേജസ്സിൽ കുറവായിട്ടുള്ളത് പാപമാണ് പ്രിയപ്പെട്ടവര് നമുക്ക് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നതുമായിട്ട് ചേർത്ത് പാപത്തിൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായ ഈ നിർവചനം നമ്മൾ എടുത്താൽ നമ്മൾ നമ്മളെ തന്നെ നോക്കുമ്പം നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ചെയ്താലും നമ്മളെന്താ പലപ്പോഴും ദൈവ തേജസ്സിൽ കുറവായിട്ടേ ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ ദൈവമുംപാകെയുള്ള ഈ നിർവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമുംപാകെ നമ്മൾ എന്താ പറയും ഞാൻ പാവിയ ഞാൻ പാവിയ എന്ന് പറയും അത് വെറുതെ പറയുന്നതല്ല ശരിക്കും ഈ നിർവചനത്തെ നമ്മൾ നമ്മുടെ അടിസ്ഥാന രേഖയായിട്ടെടുത്താൽ അതിന് പകരം ചെയ്യുന്നത് മാത്രമാണ് പാപം അല്ലെങ്കിൽ ചെയ്യാതിരുന്നത് പാപമാണ് അല്ലെങ്കിൽ എനിക്ക് വിശ്വാസത്തിൻ്റെ കുറവ് പാപമാണ് ഇങ്ങനെയുള്ള ആദ്യത്തെ നിർവചനങ്ങളെയൊക്കെ വിട്ടിട്ട് യേശുവിൻ്റെ പെരുമാറ്റത്തിൽ കുറവായിട്ട് എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം പാപമാണ് എന്നുള്ളത് ഒരു വലിയ ഒരു വെളിച്ചം പോലെ നമുക്ക് വന്നാൽ നമ്മളെന്താ പറയുക അയ്യോ ഞാൻ പാവിയാണ് അഞ്ഞൂറ് വെള്ളിക്കാശ് കർത്താവ് വിളച്ചു തന്ന ആ പാവിനിയായ സ്ത്രീയെപ്പോലെ ഞാനാണ് അല്ലാതെ ആ ഷീമോനെ പോലെ പരീശനെ പോലെ അമ്പത് വെള്ളിക്കാശ് ഇളച്ച് കിട്ടിയവനെ പോലെ അല്ല ഞാൻ അഞ്ഞൂറ് വിളച്ച് കിട്ടിയവനെപ്പോലെ ആ കാര്യം നമ്മളേറ്റവും ഭംഗിയായിട്ടൊരു കാര്യം ചെയ്തിട്ടും നമുക്ക് ആർക്കെങ്കിലും പറയാൻ ഞാനെല്ലാം ഭംഗിയായിട്ട് ചെയ്തെന്ന് പറയാൻ ഒക്കും സമർപ്പണത്തെക്കുറിച്ചാണ് നമ്മൾ രാവിലെ ചില പാട്ടുകളൊക്കെ പാടിയത് സമർപ്പണത്തെക്കുറിച്ച് പാട്ടൊക്കെ പാടിയിച്ച് പ്രാർത്ഥിക്കാനായിട്ട് സമയം കൊടുത്തപ്പോൾ ഒരു സൗരന് ആദ്യം പറഞ്ഞത് എന്താ കർത്താവേ ഞങ്ങളുടെ പൊയ് മുഖമൊക്കെ ഒന്ന് അഴിഞ്ഞു വീഴട്ടെ പൊയ് മുഖവും പൊയ് മുഖം എന്ന് വെച്ചാൽ എന്തുവാ ഏതാണ്ട് ഏതാണ്ട് ഈ മുഹമ്മൂടി മുഹമ്മൂടി ഞങ്ങളുടെ മുഹമ്മൂടിയൊക്കെ ഒന്ന് അഴിഞ്ഞു വീഴട്ടെ എന്താ ഈ ഒരു സഹോദരൻ പറഞ്ഞത് എന്താണ് ഇവിടെ ആരാണ് മുഹമ്മൂടി ധരിച്ചോണ്ടുവരുന്നു പക്ഷേ ഇല്ലേ മുഹമ്മൂടി ഇല്ലേ കണ്ടോ ദൈവിക വെളിച്ചത്തിന് മുമ്പിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം എന്താ എന്താ ഇവതേജസ്വി കുറവായിട്ടുള്ളതാ നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് ദൈവത്തിനായിട്ട് സമർപ്പിച്ചു കർത്താവെ അർപ്പിക്കുന്ന യേശുവിനായി സർവവും സമ്പൂർണമായി എന്നെല്ലാം നമ്മൾ പാടിയേച്ച് ഏറ്റവും നമ്മുടെ ഏറ്റവും മെച്ചപ്പെട്ടത് ദൈവമും പാകം ചെയ്തിട്ട് നിൽക്കുമ്പോഴും ഇതാണ് പാപത്തിൻ്റെ നിർവചനമെങ്കിൽ ദൈവതേജസ്സൽ കുറവായിട്ടുള്ളതെല്ലാം പാപമാണ് എന്നുള്ള നിർവചനമാണ് നമ്മൾ പിടിക്കുന്നതെങ്കിൽ നമ്മളെന്താ അയ്യോ ഞാൻ ദൈവത്തിൻ്റെ കരുണയുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിൽക്കാൻ ഒക്കുന്ന ഒരു പാപിയാണേ എനിക്ക് അഞ്ഞൂറോ അയ്യായിരം വെള്ളിക്കാശോ എത്രയാണ് ഏറ്റവും കൂടുതൽ ഇളച്ച് കിട്ടിയവനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഈ ഒരു അക്നോളജ്മെൻറ്റ് നമുക്കുണ്ടാകും ഇത് പറഞ്ഞുണ്ടാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവര് പാപത്തിൻ്റെ ഗുരുത്വം അല്ലെങ്കിൽ നമ്മുടെ അധപ്പതിച്ച ആ ജീവിതാവസ്ഥ ഇത് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ അതപ്പതിച്ച് എന്തെങ്കിലും ചെയ്യുന്നോ ഇല്ല ലോകമെല്ലാം പറയുന്നത് നല്ല മനുഷ്യനാണ് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു അയ്യോ ഇത്രയും നല്ല മനുഷ്യനുണ്ടോ ഇത്രയും നല്ല മനുഷ്യനുണ്ടോ പുള്ളിയോട് ഇടപെട്ടാൽ അയ്യോ പുള്ളി നടക്കുന്ന കണ്ട പറയുന്ന കണ്ട നല്ല മനുഷ്യനാണ് ലോകം മുഴുവൻ നമുക്ക് ഒരു നല്ല മനുഷ്യൻ എന്നൊരു സർട്ടിഫിക്കറ്റ് തരും പക്ഷെ നമ്മൾ നമുക്ക് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എന്തുവാ പാവിയിൽ ഒന്നാമൻ പൗലോസിൻ്റെ കഥയായത് പൗലോസ് പൗലോസിനെ എല്ലാവരും പറഞ്ഞു എന്താ ബെസ്റ്റാളാണ് ബെസ്റ്റാളാണ് പക്ഷെ പൗലോസ് തന്നെ തന്നെ നോക്കുമ്പം ഏറ്റവും ഈ കാലഘട്ടത്തിലെ ഏറ്റവും ഉത്തമനായ പൗരനുള്ള ഒരു മെഡൽ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കൊടുത്താൽ അത് വന്ന് സ്വീകരിക്കാൻ സർവതായോഗ്യൻ എന്ന് പറഞ്ഞ ആളുകളെല്ലാം കൂടെ പൗലോസിനെ ഉന്തി തള്ളിക്കൊണ്ട് ആ മീറ്റിങ്ങിന് പോവുക പൗലോസ് പറഞ്ഞു പുനോടേത് എനിക്ക് ഈ മെഡൽ വേണ്ട ഇവിടെ ഈ കൂട്ടത്തിലുള്ളതിൽ പാവിയിലൊന്നാമെന്നൊരു മെഡൽ ഉണ്ടെങ്കിൽ ഏറ്റവും മോശക്കാരൻ എന്നൊരു മെഡൽ ഉണ്ടെങ്കിൽ അത് വാങ്ങിച്ചുകൊണ്ട് പോകാൻ എനിക്ക് അർഹതയുള്ളൂ ഇത് പറഞ്ഞതൊരു പൊയ് മുഖമാണോ ഇതൊരു തട്ടിപ്പാണോ തട്ടിപ്പല്ല എങ്ങനെ അപ്പൗലോസിന് ആ ബോധ്യം ഉണ്ടായത് പാപത്തെക്കുറിച്ചുള്ള നിർവചനത്തിൽ ദൈവത്തെ കണ്ടു കഴിയുമ്പോൾ ദൈവത്തേജസ്സിനെക്കുറിച്ചൊരു ബോധ്യം അതിനെക്കുറിച്ച് ആഴത്തിൽ ഒരു ബോധ്യം ലഭിച്ചു കഴിയുമ്പോൾ ഈ ഒരു നിലയിലേക്ക് വരും അല്ലെങ്കിൽ വരണം പ്രിയപ്പെട്ടവർ ഇതാണ് നമുക്ക് കൂടുതൽ നമുക്ക് ഈ പാപത്തെക്കുറിച്ച് നമ്മുടെ പാപത്തെക്കുറിച്ച് ഒന്നാമത് നമുക്കൊരു ബോധ്യം കൂടുതൽ വേണം എന്നിട്ട് രണ്ടാമത് അതിനെ സംബന്ധിച്ച് എന്താണ് വേണ്ടത് രണ്ടാമത് അത് മുഴുവൻ ദൈവം തന്നു എന്നുള്ള ബോധ്യം കൂടെ വരുമ്പോൾ നമുക്ക് കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയും ഇതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിലെ ആ കടങ്കഥ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇതെങ്ങനെയുണ്ട് നാൾ കഴിയും തോറും പാപത്തിൻ്റെ നമുക്ക് വർധിച്ചു വരുന്നുണ്ടോ വർധിച്ചു വന്നാൽ മാത്രമേ കൂടുതൽ നമുക്ക് ഇളച്ച് കിട്ടി എന്ന് നമുക്ക് ദൈവസന്നിധിയിലുള്ള നന്ദിയും അതിനെ സ്നേഹവും വർദ്ധിച്ച് വർധിച്ച് വരികയുള്ളൂ റോമർ ലേഖനം പതിനഞ്ചാം അധ്യായത്തിൽ വേറൊരു വാക്യം നമ്മളെ കാണുന്നുണ്ട് റോമർ കെ ജി ലയനം പതിനഞ്ചാം അധ്യായത്തിൽ അതിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം നിങ്ങൾ കണ്ടോ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല തന്നിൽ തന്നെ പ്രസാദിക്കുക തന്നിൽ തന്നെ പ്രസാദിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്ത് ഒരു കാര്യം ഒരു അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ അഭിനന്ദിക്കുക ഞാൻ ഞാനെല്ലാം ഭംഗിയായിട്ടാണ് ചെയ്ത് നമ്മിൽ തന്നെ പ്രസാദിക്കുക ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് എന്താ ക്രിസ്തു തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്നാണ് പറഞ്ഞത് ഈ ലോകത്ത് ആർക്കെങ്കിലും തന്നിൽ തന്നെ പ്രസാദിക്കാനൊക്കെ വരുന്നെങ്കിൽ അതാർക്കാ ക്രിസ്തുവിന് എന്നിട്ട് ക്രിസ്തു പോലും തന്നിൽ തന്നെ പ്രസാദിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പതിനഞ്ചിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം നമ്മളെന്തോ ചെയ്യണം നമ്മൾ നമ്മിൽ പ്രസാദിക്കരുത് നമ്മിൽ തന്നെ പ്രസാദിക്കരുതെന്ന് പറയുന്ന ആ വാക്യം നമ്മൾ കണ്ടോ അതിൻ്റെ പതിനഞ്ചിൻ്റെ ഒന്ന് അത് മുഴുവൻ നമ്മൾ വായിച്ചാൽ എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം ഈ അശക്തരുടെ ബലഹീനതകളെ ചുമന്ന് കഴിഞ്ഞിട്ട് വേണം നമ്മളെന്തോ ചെയ്യാൻ നമ്മൾ നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കാൻ സത്യത്തിൽ കണ്ടോ അശക്തരുടെ ബലഹീനതകളെ ചുമക്കുക അതൊരു വലിയ കാര്യമല്ലേ ഒരു നല്ല കാര്യമല്ലേ എത്രയോ പേര് അശക്തരെ കണ്ടിട്ട് അവരുടെ ബലഹീനതയെക്കൊരു ഒരു കൈത്താങ്ങല് കൊടുക്കാതെ പോകുമ്പം നമ്മളെന്തോ വേണം ബലഹീനതരുടെ ഏ അശക്തരുടെ ബലഹീനതകളെ നമ്മൾ ചുമക്കണം പക്ഷെ അങ്ങനെ ചുമന്ന് കഴിയുമ്പം അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു പ്രവൃത്തി ചെയ്ത് കഴിയുമ്പം അതിൻ്റെ കൂടെ നമുക്ക് വരാവുന്ന ഒരു കാര്യമുണ്ട് എന്താ നമ്മളതിൽ നമ്മിൽ തന്നെ പ്ലീസ്ഡ് ആയിപ്പോകുക പ്ലീസ്ഡ് നമ്മിൽ തന്നെ പ്ലീസ്ഡ് ആയിപ്പോകുക അങ്ങനെ വരാം തെറ്റ് തെറ്റ് ചെയ്യുമ്പം നമുക്ക് കുറ്റബോധം വരാം എന്നാൽ ചെയ്തിട്ട് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് ചെയ്തിട്ട് നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം എന്ന് പറഞ്ഞിരിക്കുക പ്രിയപ്പെട്ടവർ ഇതെങ്ങനെയാണ് കഴിയുന്നത് ഏറ്റവും നല്ലത് ചെയ്തതിന് ശേഷവും ദൈവമേ ഞാൻ അതൊക്കെ ചെയ്തു ഞാൻ ആളിനോട് ആ സാരമില്ല പോട്ടെന്നൊക്കെ പറഞ്ഞു എങ്കിലും എൻ്റെ ഉള്ളിൽ എൻ്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ദൈവമേ നിൻ്റെ തേജസ്സിന് ചേരുന്നതല്ലോ നമ്മളിതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന ഇത്രയും അങ്ങ് തലനാരിഴ കയറി ഇങ്ങനെയൊക്കെ വെറുതെ ജീവിക്കാൻ ഒക്കുന്നത് ഇങ്ങനെ ജീവിച്ച ക്രിസ്തീയ ചരിത്രത്തിൽ കേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു വിഭാഗം ഉണ്ടായിരുന്നു ക്രിസ്തീയ ചരിത്രത്തിൽ എന്ന് വെച്ചാൽ അവർ അവരെ വിറയലുകാരെന്നാണ് വിളിക്കുന്നത് വിറയലുകാരൻ അവരെന്താ അവരുടെ ചരിത്രങ്ങൾ പറയാനായിട്ട് ഞാൻ പോകുന്നില്ല അവരുടെ കൂട്ടത്തിൽ സംഭവിച്ച രണ്ട് സ്ത്രീകൾ തമ്മിൽ പറഞ്ഞ ഒരു കാര്യം ഞാനിവിടെ നേരത്തെയും പറഞ്ഞിട്ടുണ്ടോ ഞാൻ ശരിക്കും ഓർക്കുന്നില്ല അതെന്ന് പറയുന്നത് ഒരു ഒരു സഹോദരി കെ കെസിലെ ഒരു സഹോദരി അവർ ഇതുപോലെയുള്ള ടീച്ചിങ്ങൊക്കെ പഠിപ്പിച്ചിരുന്നതാണ് അവരുടെ സമൂഹം അവർ പൊതുജീവിതത്തിലധികം ഇടപെടുകയില്ല ഒരു ദൈവഭക്തി ഉള്ള ജീവിതം ജീവിക്കാനായിട്ട് അവർ സമൂഹത്തിൻ്റെ മുകളിലത്തെ തട്ടിൽ നിന്ന് ഉൾവലിഞ്ഞ് ജീവിക്കുന്ന വളരെ വിശുദ്ധരായിട്ട് ജീവിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ ആ കൂട്ടത്തിലൊരു സഹോദരി ആ സഹോദരി തൻ്റെ ഒരു കൂട്ടുകാരെയും കൂടെ അങ്ങനെ ഇരുന്ന് ആത്മീക കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം എന്താ ഒരു മറ്റൊരാൾ വന്നിട്ട് ഈ സഹോദരിയെ കണ്ടമാനം ആവശ്യമില്ലാതെ ഓരോന്നെല്ലാം പറഞ്ഞ് അവരെ ശാസിക്കുകയും അവരോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്തു അപ്പോൾ ഈ രണ്ട് സഹോദരിമാരാണല്ലോ സംസാരിച്ചുകൊണ്ടിരുന്നത് അതിലിളയ സഹോദരി ഈ മൂത്ത സഹോദരിയെ ശ്രദ്ധിക്കുന്നുണ്ട് അവളോട് ഈ വന്ന ആൾ വളരെ മോശമായിട്ട് പെരുമാറിയെങ്കിലും ഈ മൂത്ത സഹോദരിയുടെ മുഖത്തെ ചിരി എന്ത് വന്നില്ല ചിരി ഭംഗിയില്ല ഈ ഇളയ സഹോദരി ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ഒരു ശതമാനം പോലും അവൾ ദേഷ്യപ്പെടുവോ ആര് കേട്ടാലും ദേഷ്യപ്പെടുന്ന വാക്കുകളാണ് ഈ വന്ന ആൾ പറഞ്ഞത് ആർക്കും ക്ഷമിക്കാൻ ഒക്കുന്ന കാര്യമൊന്നുമല്ല പറഞ്ഞത് ഒരാളെ മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്ന നിലയിലാണ് പെ പെരുമാറിയത് അങ്ങനെ പെരുമാറിയിട്ടും ഈ സഹോദരി എന്താ ചിരിച്ചോണ്ട് ഒരു പ്രശ്നവും ഇല്ലാത്ത നിലയിൽ ഒട്ടും പ്രകോപിതയാകാതെ വളരെ സന്തോഷത്തോടെ പെരുമാറി ഒടുവി പറഞ്ഞു ആട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെന്ന് പറഞ്ഞു വന്ന ആൾ ദേഷ്യപ്പെട്ട് അങ്ങ് പോവുകയും ചെയ്തു പോയിക്കഴിഞ്ഞപ്പോൾ ഈ ഇളയ സഹോദരി മൂത്ത സഹോദരിയോട് പറഞ്ഞു സമ്മതിച്ചു തന്നിരിക്കുന്നു എന്താ സമ്മതിച്ചു തന്നിരിക്കുന്നു നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്കും സഹോദരിയുടെ ജീവിതത്തിലാണ് നടന്നിട്ടുള്ളത് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇത്രയും ഒക്കെ വന്ന് പറഞ്ഞിട്ടും ഓഹ് ആ മുഖത്തെ ചിരിയൊന്നും ഭംഗിയില്ലല്ലോ എത്ര ഭംഗിയായിട്ട് ആ പ്രകോപനത്തിന് മുമ്പിൽ എത്ര ഭംഗിയായിട്ട് നമ്മൾ പറയുന്ന പോലെ പെരുമാറിയല്ലോ എന്ന് ഈ ഇളയ സഹോദരി മുതിർന്ന സഹോദരിയെ അഭിനന്ദിച്ചു പറഞ്ഞു അഭിനന്ദിച്ച് പറഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു എൻ്റെ പൊന്നുകൊച്ചേ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന തിളച്ചു മറിയൽ നീ കണ്ടില്ലല്ലോ എൻ്റെ ഹൃദയത്തിൽ ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തായിരുന്നു ഹൃദയത്തിൽ ഇതിനെതിരെ ഒരു തിളച്ചു മറിയലുണ്ടായിരുന്നു ആ തിളച്ചു മറിയൽ പുറത്ത് കാണിക്കാതെ ഞാൻ ചിരിച്ചോണ്ടിരുന്നു സത്യത്തെ ഞാനല്ലയോ വലിയ മുഖം മൂടി എനിക്കല്ലേ പൊയ് മുഖം കൂടുതലുള്ളത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ നമ്മൾ നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് എല്ലാവരും സമൂഹം മുഴുവൻ അഭിനന്ദിക്കും ഒന്നും തെറ്റായിട്ട് പെരുമാറിയില്ല പക്ഷെ എന്നിട്ടും എന്നിട്ടും ആ മുതിർന്ന സഹോദരി അവരുടെ ജീവിതത്തിലെ ഏറ്റവും അഭിനന്ദനം കിട്ടിയ ആ നിമിഷത്തെ തന്നെ ദൈവത്തിൻ്റെ തേജസ്സുമായിട്ട് താരതമ്യപ്പെടുത്തിയപ്പം അയ്യോ ഞാന് പാവിയിൽ ഒന്നാമ ഒന്നാമത്തോൾ കാരണം എൻ്റെ ഹൃദയത്തിൽ ഇതെല്ലാം കേട്ടപ്പം ഞാൻ പുറമേ ഒന്നും കാണിച്ചില്ല ആര് എല്ലാവരുടെയും മുമ്പിൽ വളരെ ഭംഗിയായിട്ട് പെരുമാറി എങ്കിലും എൻ്റെ ഹൃദയത്തിൽ ആ തിളച്ചു മറിയലും ആ വന്ന ആളിനോടുള്ള വൈരാഗ്യമൊക്കെ വന്നല്ലോ ഞാൻ പാവിയിൽ ഒന്നാമത്തെ ആൾ ഞാനാണ് എന്ന അവൾ സമ്മതിച്ചു പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പാപത്തിൻ്റെ നിർവചനം ഈ നിലയിൽ ഉദാത്തമായ ഒരു നിർവചനമാക്കിയാൽ ദൈവതേജസ്സിൽ കുറവായുള്ളതെല്ലാം പാപമാണ് എന്നാക്കിയാൽ നമ്മൾ നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ട് പെരുമാറിയിട്ടും നമ്മൾ എന്തു ചെയ്യേല നമ്മിൽ തന്നെ പ്രസാദിക്കുകയില്ല നമ്മിൽ തന്നെ പ്രസാദിക്കുകയില്ല നമ്മൾ പൗലോസിൻ്റെ ആ വാക്യം നമ്മളെപ്പോഴും പറയാറുള്ള വാക്യമാണല്ലോ എങ്കിലും അതൊന്ന് നോക്കാം അവിടെ പൗലോസ് എന്താ പറയുന്നത് താനെ പറയുന്നത് അതിൻ്റെ ഒന്ന് തീമത്തിയോസ് ഒന്നാമധ്യായം അവിടെ പറയുന്നു ആ പാപികളിൽ ഞാനാണ് ഒന്നാമൻ ഒന്നാമൻ എന്ന് താൻ പറയുന്നു പക്ഷേ അവിടെ നമ്മൾ ഈ നിലയിൽ നമ്മളെ തന്നെ പാപത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ നിർവചനം വച്ച് നമ്മളാണ് ഈ പാപിയിൽ ഒന്നാമനെന്ന് കണ്ടാൽ അതിനോട് ചേർന്ന് പോകുന്ന വേറൊരു അവിടെ പറയുന്നുണ്ട് നമ്മൾ വല്ലപ്പോഴും ആ ഭാഗം ശ്രദ്ധിക്കാറില്ല ആ വാക്യത്തിൻ്റെ തുടക്കം കണ്ടോ ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു ക്രിസ്തുവേശു ആരെ രക്ഷിപ്പാൻ ആ ലോകത്തെ വന്നത് ക്രിസ്തു എന്തിനാണ് ഈ ലോകത്തെ വന്നത് പാപിയെ രക്ഷാനാണ് ലോകത്തെ വന്ന് അപ്പം നമ്മൾ പാവിയിൽ ഒന്നാമൻ എന്നൊരാൾ ആ നിലയിൽ തന്നെ തന്നെ കാണുമ്പോൾ അയാളെ കർത്താവ് എത്രയേറെ രക്ഷിക്കും അതേസമയം അദ്ദേഹം തന്നെ തന്നെ കാണുക ഞാൻ പാവിയിൽ ഒരു നൂറാമത്തെ ആളാണെന്ന് കണ്ടാൽ അദ്ദേഹത്തിനുള്ള രക്ഷ അത്രയും കുറവേയുള്ളൂ ഞാൻ പാപിയൊന്നുമല്ല ഞാനൊരു നീതിമാനാണെന്ന് കണ്ടാൽ ദൈവത്തിൻ്റെ രക്ഷ അവന് ആവശ്യമില്ല ആവശ്യമില്ല കർത്താവായ യേശു ക്രിസ്തു ഈ പ്രശ്നം പറഞ്ഞിട്ടുണ്ടല്ലോ താൻ ഒരിക്കൽ ഭൂമിയിലായിരുന്നപ്പോൾ പാപികളായ ആളുകൾ വന്ന് കർത്താവിനെ കൈക്കൊള്ളുകയൊക്കെ ചെയ്തപ്പം പരീക്ഷന്മാർ പറഞ്ഞു ഇതിനെതിരെ പെറുപിറുത്തും പെറുപിറുത്തപ്പം കർത്താവ് ഇതേ കാര്യം തന്നെ പറഞ്ഞു വൈദ്യനെ ആർക്കാവശ്യം രോഗിക്കാവശ്യം ഇവിടെ നാളെ ഒരു ഈ ഇന്ത്യയിലെ ഏറ്റവും വിദഗ്ദ്ധനായ ഒരു ഡോക്ടർ ഇവിടെ ഉണ്ട് ആർക്കും അദ്ദേഹത്തെ കാണാം എന്ന് പറഞ്ഞാൽ രോഗമില്ലാത്ത ആൾക്ക് ഈ ഡോക്ടറെ ആവശ്യമുണ്ടോ ഇല്ല ഇല്ല അതേസമയം രോഗിയാണെങ്കിൽ അയ്യോ എന്തോ ഒരു സാധ്യത എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓടിയെത്തും പ്രിയപ്പെട്ടവരെ കർത്താവായി യേശു ക്രിസ്തു പാപികളെയാണ് രക്ഷിക്കുന്നത് പാപികളെയാണ് രക്ഷിക്കുന്നത് നമ്മൾ പാപിയല്ലെന്നുണ്ടെങ്കിൽ നമുക്കെന്തില്ല രക്ഷയില്ല ഇത് കേവലം നമ്മൾ വിശ്വസിച്ച ആ സമയത്ത് മാത്രം മതിയോ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു എന്നുള്ളിടത്ത് മതിയോ അല്ല അല്ല അല്ല നിരന്തരമായി രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന രക്ഷയുടെ ഒരു വർത്തമാനകാലാനുഭവം നമ്മൾ കൊണ്ടു നടന്നാൽ നിരന്തരം നമുക്ക് പിടിക്കാവുന്ന ഒരു നിലപാടെന്ന് പറയുന്നത് ഞാനാണ് പാവിയിലൊന്നാമൻ അങ്ങനെ പിടിച്ചാൽ അതിനോട് ചേർന്ന് എന്തുണ്ട് കർത്താവിൻ്റെ രക്ഷ അത്രയേറെ അറിയും അതേസമയം അങ്ങനെ ഒരു നിലപാടില്ലെങ്കിൽ അത്രയും കുറച്ചേ കർത്താവിൻ്റെ രക്ഷ ദൈവത്തിൻ്റെ രക്ഷ അത്രയും മതി രോഗി വർദ്ധിച്ചു വരാനായിട്ട് നമുക്ക് നമ്മുടെ പാപത്തിൻ്റെ നിർവചനം മാറണം പാപത്തിൻ്റെ നിർവചനം മാറുമ്പോൾ നമുക്കെപ്പോഴും നമ്മളെ തന്നെ തെറ്റുകാരനായിട്ട് കാണാനായിട്ട് കഴിയും ഇങ്ങനെ തെറ്റുകാരനായിട്ട് നമ്മളെ തന്നെ എപ്പോഴും കണ്ടുകൊണ്ട് നടക്കുന്നിടത്താണോ നമുക്ക് സ്നേഹം വർദ്ധിച്ചു വരുന്നത് അങ്ങനെയല്ല നമ്മൾ ആ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ ആ വാക്യത്തിലോട്ട് വീണ്ടും വന്ന കേട്ടെ നിങ്ങൾ ദയവായിട്ട് എൻ്റെ കൂടെ ഉണ്ടോ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞ് മറ്റൊരു കാര്യം പറഞ്ഞ് മൂന്നാമതൊരു കാര്യം പറഞ്ഞാൽ പോകുന്നത് നിങ്ങളുടെ കൂടെ വന്നാലേ പറ്റുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അധികം തെറ്റ് ചെയ്തവൻ അധികം സ്നേഹിക്കുന്നു എന്നാണോ പാവിയായവൻ അധികം സ്നേഹിക്കുന്നാണോ അല്ല അധികം ഇളച്ചു കിട്ടിയവനാണ് അധികം സ്നേഹിക്കുന്നത് അധികം ഇളച്ച് കിട്ടണമെങ്കിൽ എന്തോ വേണം അധികം കടപ്പെട്ടിട്ടുണ്ടെന്നുള്ളിടത്താണ് തുടങ്ങേണ്ടത് അത് നമ്മൾ പറഞ്ഞു നമ്മുടെ പാപത്തിൻ്റെ നിർവചനം മാറി നമുക്കൊത്തിരി കടമുണ്ടെന്ന് നമ്മൾ കാണണം പക്ഷെ ഒത്തിരി കടമുണ്ടെന്ന് മാത്രം കണ്ടാൽ നമുക്ക് സ്നേഹിക്കാൻ ഒക്കുകയില്ല അത് നമ്മളെ അനാവശ്യമായ ഒരു കുറ്റബോധത്തിലേക്കും എപ്പോഴും എവിടെ തൊട്ടാലും പാവം പാവം എന്ന് പറഞ്ഞ് ഒരു തൃപ്തിയില്ലാതെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു സന്തോഷമില്ലാതെ പോകും അതല്ല പക്ഷെ അവിടെ തുടങ്ങണം പാപത്തിൻ്റെ ഗുരുത്വം കാണണം അധികം ഇളച്ച് കിട്ടി എന്ന് കാണണം അധികം തെറ്റെൻ്റെ ഭാഗത്തുണ്ടെന്ന് കാണണം പക്ഷേ ആ തെറ്റ് മാത്രം കണ്ടാൽ പോരാ ആ തെറ്റ് ദൈവം ഇളച്ച് തന്നെന്നും ആ പാപമോചനവും കൂടെ നമ്മൾ കാണണം എങ്കിൽ മാത്രമേ എങ്കിൽ മാത്രമേ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനൊക്കെ ഉള്ളൂ ഈ കഥയിൽ പറയുന്ന ആൾ അഞ്ഞ് അദ്ദേഹം വന്ന് കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയമാനിൻ്റെ അടുത്ത് വന്ന് പറയുക യജമാനെ അങ്ങേപ്പോലൊരു മഹാനില്ല ഞാൻ അഞ്ഞൂറ് വെള്ളിക്കാശ് അങ്ങേക്ക് അങ്ങേക്ക് കടപ്പെട്ടവനാണ് അഞ്ഞൂറ് വെള്ളിക്കാശ് കടപ്പെട്ടവനാണ് എപ്പോൾ കണ്ടാലും വഴി വെച്ച് കണ്ട ഞാൻ അഞ്ഞൂറ് വെള്ളിക്കാശ് കടപ്പെട്ടവനാണ് അങ്ങനെ പറയുന്നത് കൊണ്ടാണോ അല്ല അഞ്ഞൂറ് വെള്ളിക്കാശ് കടപ്പെട്ടവനാണെന്ന് ഇവനൊരിക്കൽ പറഞ്ഞപ്പം ക്ഷമിച്ചു വീട്ടിൽ തീർന്നു ഇനി ആ കാര്യം പ്രശ്നമില്ല എന്ന് പറഞ്ഞെടുത്താണ് സ്നേഹം വരുന്നത് പ്രിയപ്പെട്ടവര് ഇതും നമുക്കൊരു വെളിപ്പാടായിട്ട് കിട്ടിയാലേ ഒക്കെയുള്ളൂ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് നമുക്ക് ഒരു പാപബോധം നമുക്ക് വർധിച്ചു വരണം സാധാരണ ലോകത്തിനോ ഇന്നത്തെ സമകാലീയ ക്രിസ്തീയ സമൂഹത്തിനോ ഉള്ള ഒരു പാപബോധം പോരാ കാരണം നമ്മുടെ പാപത്തിൻ്റെ നിർവചനം കർത്താവിൻ്റെ തേജസ്സിൽ കുറവായിട്ടുള്ളത് പാപമാണെന്ന് വരുമ്പം നമ്മുടെ പാവബോധം കൂടുതൽ വേണം ശരി പാവബോധം മാത്രം കൊണ്ട് നടക്കുന്ന ആളുകളായിട്ടാണെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതം ദുഷ്കരമാക്കി കളയും നമ്മൾ വിഷമിച്ചു പോകും അതിന് പകരം രണ്ടാമത് നമുക്ക് കിട്ടേണ്ട വെളിപ്പാടെന്താ ഇതെല്ലാമായിട്ടും എൻ്റെ കർത്താവ് എന്തു ചെയ്തു ഇത് ക്ഷമിച്ചു തിന്നു ക്ഷമിച്ചു വീട്ടി വീട്ടി ആ ഇത്രയും ചെയ്തു തന്ന എൻ്റെ കർത്താവിനെ എനിക്കെങ്ങനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയും അങ്ങനെയാണ് സ്നേഹം വർദ്ധിച്ചു വരുന്നത് ഊ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു പാപബോധം വർദ്ധിച്ചു വരുമ്പോഴാണ് നമുക്കതിനൊരു മോചനം നമുക്ക് വേണ്ടത് അപ്പോഴാണ് സത്യത്തിൽ ദൈവമേ എനിക്ക് എനിക്കത് അത് എന്നെ കഴിയാലേ പറ്റുകയുള്ളൂ എനിക്ക് വേറെ ഒന്നും തൃപ്തിയില്ല അടുത്ത് വന്നാലേ പറ്റുകയുള്ളൂ എന്നുള്ള ദൈവസന്നദ്ധിയിലേക്ക് വരാനുള്ള ഹൃദയം കൊണ്ട് വരാനുള്ള ഒരു ആവല് ഈ പാപബോധം വർത്തിച്ചു വരുമ്പോഴേ ഉണ്ടാവുകയുള്ളു അതൊരളവിൽ വെള്ളത്തിനായിട്ട് നമ്മൾ ദാഹിച്ച് ദാഹിച്ച് ദാഹിച്ച് നിൽക്കുമ്പം പെട്ടെന്ന് ഒരിടത്ത് വെള്ളം കിട്ടുമ്പോഴുള്ള ഒരു തൃപ്തി പോലെ പാപബോധം വർത്തിച്ചു വരുന്നു അപ്പോഴാണ് അത് മോചിച്ച് തന്നിരിക്കുന്നു എന്ന് വരുമ്പോഴാണ് ആ തൃപ്തി വരുന്നത് നമ്മൾ സങ്കീർത്തനത്തിലെ ഒരു വാക്യം കാണുന്നുണ്ടല്ലോ നാൽപ്പത്തി രണ്ടാമത്തെ സങ്കീർത്തനത്തില് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനത്തിൽ നമ്മളെ ഇങ്ങനെ കാണുന്നു മാൻ നീർത്തോടുവുകളിലേക്ക് ചെല്ലാൻ കാക്ഷിക്കുന്നതുപോലെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എൻ്റെ ആത്മാവ് ദൈവത്തിനായി ജീവനുള്ള ദൈവത്തിനായിത്തന്നെ ദാഹിക്കുന്നു നമുക്ക് നമ്മൾ ജീവിതത്തിൽ നമ്മുടെ ഈ പാപത്തിൻ്റെ നിർവചനം നമ്മൾ ദൈവവചനത്തിനടിസ്ഥാനമായി സ്വീകരിച്ച് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഒരു നിലവിളി ഉണ്ടാകുമ്പം ആ നെലവിളിയോട് ചേർന്ന് നമ്മളെന്താ പറയും അയ്യോ എനിക്ക് ഇതിൽ നിന്ന് തന്നെ ആര് വിടുവയ്ക്കും പൗലോസരിക്ക പറയുന്നു ഈ പാപത്തിനധീനമായ ശരീരത്തിൽ നിന്ന് തന്നെ ആർ വിടുവയ്ക്കും അരിഷ്ടമനുഷ്യൻ അരിഷ്ടമനുഷ്യൻ കണ്ടോ ദാഹിച്ചങ്ങ് എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം എവിടെ കിട്ടും എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ അപര്യാപ്തതയെ കാണുക ഇതിന് എവിടെ എപ്പോഴാണ് ഒരു മോചനം അപ്പോഴാണ് മാനിങ്ങനെ ദാഹിച്ച് നടക്കുക അന്നേരം ഒരു നീർത്തോട് കണ്ടത് ആ മാനവിടെ ചെന്ന് ആ വെള്ളം കുടിച്ച് തൃപ്തിയായി ഓ മോചിച്ച് തന്നിരിക്കുന്നു എത്ര ആശ്വാസം ഈ ഒരു ആശ്വാസമാണ് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ തുടർന്നുണ്ടാകേണ്ടത് അതുണ്ടാകുമ്പം നമുക്ക് എന്തുണ്ടാകും ദൈവത്തോടുള്ള സ്നേഹം ഇത്രയേറെ ചെയ്ത് ദൈവത്തോടുള്ള സ്നേഹമുണ്ടാകും പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാവുന്ന ചില കാര്യങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു നമുക്ക് പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം പൗലോസ് ഇത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം പാപിയിലൊന്നാമൻ എന്ന് കണ്ട് ദൈവത്തിൽ നിന്ന് കരുണ നേടിയവനായിട്ട് മാത്രം ഇരിക്കുകയാണോ ഒരു ഒരു സഭാജീവിതത്തോടുള്ള ബന്ധത്തിൽ താൻ എവിടെയാണ് തൻ്റെ കുറവ് കാണുന്നത് അങ്ങനെ ഏതെങ്കിലും വാക്യം നമുക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് ഒരു വാക്യം ഇതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാവുന്നതാണ് രണ്ട് കൊരിന്ദർ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സഭാജീവിതത്തോട് ചേർത്തുള്ള ഒരു പ്രസക്തി നമുക്കവിടെ കാണാനായിട്ട് കഴിയും രണ്ട് കൊരിന്തർ പന്ത്രണ്ടാമധ്യായം പന്ത്രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത് ഇരുപത്തൊന്ന് വാക്യങ്ങൾ അവിടെ പൗലോസ് കൊരിന്തർക്ക് ലേഖനം എഴുതുമ്പം പറയുക ഞാൻ വരുമ്പോൾ ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ നിങ്ങളെ കാണുകയും നിങ്ങളിച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് എനിക്ക് എന്തുണ്ട് എനിക്ക് ഭയ ഭയമുണ്ട് ഞാൻ വരുമ്പം ഞാൻ ഇച്ഛിക്കാത്ത വിധത്തിൽ കാണുകയും നിങ്ങൾ ഇച്ഛിക്കാത്ത വിധത്തിൽ എന്നെ കാണുകയും ചെയ്യുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പിണക്കം ഈർഷ്യ ക്രോധം ശാഠ്യം ഏഷണി കുശൂശിപ്പ് നികള കലഹം എന്നിവ ഉണ്ടാകുമോ എന്നും ഞാൻ വീണ്ടും വരുമ്പോൾ എൻ്റെ ദൈവം എന്നെ നിങ്ങളുടെ ഇടയിൽ താഴ്ത്തുവാനും പാപം ചെയ്തിട്ട് തങ്ങൾ പ്രവർത്തിച്ച അശുദ്ധി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയെക്കുറിച്ച് മാനസാന്തരപ്പെടാത്ത പലരെയും ചൊല്ലി ഖേദിപ്പാന് സംഗതി വരുമോ എന്നും ഞാൻ ഭയപ്പെടുന്നു ഈ വാക്യങ്ങളൊക്കെ മലയാളത്തിലങ്ങ് നീളത്തിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ പ്രിയപ്പെട്ടവർ എന്തു ഇവിടെ പൗലോസ് പറയുന്നു പൗലോസ് പറഞ്ഞതിനെ നമുക്കിങ്ങനെ പറയാം പൗലൂസ് ഈ കൊരിന്തരോട് നിരന്തരം പ്രസംഗിക്കുക കുരിന്തേ നിങ്ങൾക്ക് എന്നുണ്ടായിരുത് ഏഹ് ഇവിടെ പ്രത്യേകിച്ചും എടുത്ത് പറയുന്ന പോലെ പിണക്കം ഉണ്ടായിരുത് ഈർഷി ഉണ്ടായിരുത് ക്രോധമുണ്ടായിരുത് ശാട്ടി ഉണ്ടായിരുത് ഏഷണി കലഹം നികളം അയ്യോ അതൊക്കെ വലിയ കുഴപ്പങ്ങളാണ് അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതം എന്തോ പോലെ വേണം കർത്താവിൻ്റെ സ്വഭാവത്തോട് അനുരൂപമായിട്ട് വേണം ഇങ്ങനെയാണ് തൻ്റെ പ്രസംഗം നിരന്തരം പ്രസംഗം എന്നിട്ട് പ്രസംഗം പോരാഞ്ഞ് എവിടെലുമൊക്കെ ഇരുന്ന് ഇവർക്ക് ലേഖനവും എഴുതുക എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ ഓർത്ത് എൻ്റെ മനസ്സിലൊട്ടും സ്വസ്ഥതയില്ല നിങ്ങൾ ഞാൻ പറഞ്ഞ പോലൊക്കെ ജീവിച്ചോണം എന്നൊക്കെ ലേഖനവും എഴുതുക ഇതെല്ലാം കഴിഞ്ഞേച്ച് ഇത്രേം ഞാൻ ഇവരോട് പ്രസംഗിച്ചു ഇത്രേം ലേഖനമൊക്കെ എഴുതി ഇപ്പം ഇവരുടെ നില എങ്ങനെയുണ്ട് ഒത്തിരി മെച്ചപ്പെട്ട് കാണും അവരൊത്തിരി മെച്ചപ്പെട്ട് കാണുമെന്ന് വിചാരിച്ച് എന്നാൽ ഇവരെ ഒന്ന് പോയി കാണാനായിട്ട് താൻ ആഗ്രഹിച്ച് അവിടോട്ട് വരുമ്പം അവരുടെ ഇടയിൽ എന്തുവാ അവരുടെ ഇടയിൽ പിന്നെ എന്തുണ്ട് ഈ ഏഷണിയും നികളവും ക്രോധവും ചാഠ്യവും പിണക്കവും ഈർഷ്യയും ഒക്കെ ഉണ്ടെന്ന് തന്നല്ല ഏ അശ്വതി ദുർനടപ്പ് ദുഷ്കാമം എന്നിവയൊക്കെ ഇവരുടെ ഇടയിൽ ഉണ്ട് എന്ന് തന്നല്ല ഇതിനെക്കുറിച്ച് അവർക്കൊട്ട് മാനസാന്തരവുമില്ല മാനസാന്തരവുമില്ല ഇങ്ങനൊരു രംഗം പ്രിയപ്പെട്ടവർ നമുക്കിവിടെ ഒന്ന് ഒരു നിമിഷം ഒന്ന് നിന്ന് നമ്മളെ പൗലോസിന്റെ സ്ഥാനത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മൾ നമ്മൾ നല്ല കാര്യം പറഞ്ഞു കൊടുത്തു നല്ല കാര്യം പറഞ്ഞുകൊടുത്തു ലേഖനമെഴുതി എന്നിട്ട് ഇവരുടെ നില ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു മെച്ചപ്പെട്ട് കാണും എന്നുള്ള പ്രതീക്ഷയോടെ ഇവരെ കാണാൻ ചെന്നപ്പോൾ എന്തുവാ അവിടെ ചില പാർട്ടികൾ അശുദ്ധിയും ദുർനടപ്പും ദുഷ്കാമവും ഒക്കെ കൊണ്ട് നടന്നേച്ച് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്താൽ പോലും ഒരു റിപ്പൻഡൻസും ഒരു മാനസാന്തരവും ഇല്ല ഇത് ഇത്രയൊക്കെ അല്ലേ ഒക്കെ ഉള്ളു നമ്മളൊക്കെ വെറും മനുഷ്യരല്ലേ എന്നൊക്കെയുള്ള ചില മുടന്ത ന്യായങ്ങളും എല്ലാം പറഞ്ഞ് വലിയ താർഷ്ട്യക്കാരി ആയിട്ടൊക്കെ ഇവരിയ്ക്കുന്നു നമ്മളാണ് ഈ പൗലോസിൻ്റെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്തോ ചെയ്യും ഇവരെയൊക്കെ കൈയ്യോട് എഴുന്നേപ്പിച്ച് തീർത്തു എന്നിട്ട് നിന്നു എന്തോ ഈ കാണിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ഇത് വല്ല ഇങ്ങനെയാണോ പെരുമാറേണ്ടത് നിന്നെ സഭ പുറത്താക്കിയിരിക്കുന്നു മേലാലും ഇവിടെ കയറിപ്പോയത് അങ്ങനല്ലേ പറയേണ്ടത് അങ്ങനെ പറഞ്ഞാൽ നല്ല തെറ്റുമുണ്ടോ പക്ഷേ ഇവിടെ പൗലോസ് പറയുക ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എന്തോ പറ്റും എനിക്കൊരു പ്രശ്നമുണ്ട് ഇതെല്ലാം കണ്ടാൽ ഇവരോട് ഗൗരവമായിട്ട് പറയുന്നതിന് പേരെ ഞാൻ എന്തോ ചെയ്യും ഞാനങ്ങ് തകർന്നു പോകും അയ്യോ ഞാൻ എന്നെ തന്നെ താഴ്ത്തും കണ്ടോ ഞാൻ ഞാൻ ഈ പറഞ്ഞതിനനുസരിച്ച് ഈ ജനം വന്നില്ലല്ലോ എന്ന് കാണുമ്പം അവരുടെ നേരെയല്ല അദ്ദേഹം വരൽ ചൂണ്ടുന്നത് മറിച്ച് അവരുടെ നേരെ അവരോട് കർശനമായിട്ട് പറയുമ്പോൾ തന്നെ തൻ്റെ നേരെ എന്ത് ചൂ ചൂണ്ടും അയ്യോ ഞാൻ ഇത് പറഞ്ഞു കൊടുത്തിട്ടും ഒരു പക്ഷേ എൻ്റെ ജീവിതത്തിലെ കുറവുകൊണ്ടായിരിക്കാം അല്ലെ എൻ്റെ ജീവിതത്തിലെ മാതൃക കുറവ് ഇവർക്ക് ഈ നിലയിൽ പ്രവർത്തിക്കാൻ പറ്റുന്നില്ലല്ലോ അയ്യോ ഞാനാണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത് ഞാനാണ് ഇവിടെ റിപ്പൻ്റ് ചെയ്യേണ്ടത് കണ്ടോ റിപ്പൻ്റ് ചെയ്യേണ്ട മാനസാന്തരപ്പെടേണ്ടത് ആരാ സത്യത്തിൽ ഈ അശുദ്ധിയും ദുഷ്കാമവും ദുർനടപ്പും പ്രവർത്തിക്കുന്ന ആളുകളല്ലേ മാനസാന്തരപ്പെടേണ്ടത് അവരാ മാനസാന്തരപ്പെടേണ്ടത് പക്ഷേ ഇവിടെ മാനസാന്തരപ്പെടുന്ന ആരാ അനുദപിക്കുന്നതാരാ ഞാന് ആ നിങ്ങളുടെ ഇടയിൽ എന്നെ തന്നെ ഞാൻ ആ താഴ്ത്തുന്നത് ഞാനാണ് എന്നെ തന്നെ ഹമ്പിൾ ചെയ്യുന്നത് എന്ന് പറയുന്നു പ്രിയപ്പെട്ടവരേ ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പാവിയിൽ ഞാൻ ഒന്നാമൻ എന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ കണ്ട പൗലോസിൻ്റെ ഒരു കോർപ്പറേറ്റ് ലൈഫായ ഒരു സമൂഹ ജീവിതമായ സഭാജീവിതത്തോടുള്ള ബന്ധത്തിലെ പോരായ്മ കാണുമ്പോഴും അവിടെ പൗലോസിന് പ്രതി നിർത്താൻ ആരേ ഉള്ളൂ തന്നെ തന്നെ മാത്രമേ പ്രതി നിർത്താനുള്ളൂ ഇവരോട് ഇവർ ഒരാൾ പലപ്പോഴും പറഞ്ഞു നമ്മൾ ഒരാളെ നേരെ വിരൽ ചൂണ്ടുമ്പം മൂന്ന് വിരലെങ്കിലും നമ്മുടെ നേരെ തിരിഞ്ഞെടുപ്പുണ്ട് ഇല്ലേ ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ മൂന്ന് പേരൽ എൻ്റെ നേരെ തിരിഞ്ഞിരിപ്പുണ്ട് ഇവിടെ സഹോരന്മാർ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ആരാ കുറ്റപ്പെടുത്തേണ്ടത് ആരാ നിങ്ങൾക്ക് ഇത്രയും നാൾ ഇതിൽ പറഞ്ഞുകൊണ്ട് വന്നത് പറഞ്ഞു തന്നത് ആ ആളാണ് ഒന്നാം പ്രതി എന്നല്ലേ ദൈവിക കോടതി വിധിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒന്നാമത് മാനസാന്തരപ്പെടേണ്ട ആരാ ഞാനാ മാനസാന്തരപ്പെടേണ്ടത് എനിക്ക് നിങ്ങളെ അടിക്കാൻ ഒരു വടിയില്ല എനിക്കാരെയും പ്രതി കൂട്ടി നിർത്താനുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് പൗലോസിൻ്റെ ആ മനോഭാവം കാണുക പ്രിയപ്പെട്ടവര് ഇത് നമുക്ക് സഭയോടുള്ള ബന്ധത്തിൽ നിന്ന് ഉള്ളതിന് പേരും നമുക്ക് നമ്മുടെ വീടിനോടുള്ള ബന്ധത്തെ കൊണ്ടുവരാം കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളൊന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല ഇവിടെ എന്തു പരിപാടിയായത് ഏ ആരെയാണ് നമ്മൾ പാപത്തിൻ്റെ നിർവചനം നമുക്ക് വർദ്ധിച്ചു വന്നാൽ ഈ നിലയിലായിപ്പോയാൽ എപ്പോഴും നമുക്ക് എന്തേ ഉള്ളൂ നമ്മൾ കരുണ വേണ്ടവരായിട്ടും ദൈവത്തിൻ്റെ ആ ഒരു നിലപാടിൽ നമുക്ക് നിൽക്കേണ്ടതായിട്ട് താൻ തൻ്റെ ഞാൻ ഒരു വാക്യം ഫിലിപ്പ് ഫിലിപ്പ് എർക്കേജ് ലേഖനത്തിൽ നമ്മളൊരു വാക്യം കാണുന്നുണ്ട് ഫിലിപ്പ് എർക്കേജ് ലേഖനം അതിൻ്റെ മൂന്നാമധ്യായം മൂന്നാമധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യം നോക്കുക ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നാം നാമാണ് പരിച്ഛേദനക്കാർ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശികൾ പ്രശംസിക്കുകയും ജഡത്തിൽ ചെയ്യുന്ന നാം തന്നെ നോ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ് ജഡത്തിൽ നമുക്കെന്തില്ല ജഡത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല ഒരു ആത്മവിശ്വാസമില്ല ഇത് ഏതിനെക്കുറിച്ച് പറയുമ്പോഴാണ് പരിചേദനയെക്കുറിച്ച് പറയുന്നത് പരിചേദന എന്ന് പറഞ്ഞാൽ എട്ടാം നാളിൽ അന്ന് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ യഹൂദറിടയിലെ ആൺകുട്ടികളെ എട്ടാമത്തെ ദിവസം കൊണ്ടുവന്നിട്ട് ആ പരിഛേദനാ കർമ്മം ചെയ്യുന്ന ആ കാര്യം എന്നിട്ട് അതെന്ത് ചെയ്ത് ഇപ്പെട്ടു പോയി ന്യായ പ്രമാണത്തോടെ മാറിപ്പോയി ഇന്ന് നമുക്കെന്താ ഉള്ളത് നമുക്കുള്ളത് ഹൃദയപരിച്ഛേദനയാവുള്ളത് ഹൃദയപരിച്ഛേദന ഈ ഹൃദയപരിച്ഛേദന അല്ലെങ്കിൽ യഹൂദൻ ചെയ്തുകൊണ്ടിരുന്ന പരിച്ഛേദനയൊക്കെ എന്തിനെ കാണിക്കുന്നത് അതൊരു നിഴല് പോലെ വിളിച്ചറിയിച്ചുകൊണ്ടിരുന്നത് യഥാർത്ഥ ദൈവസന്നിധിയിലേക്ക് നിനക്ക് വരണമെങ്കിൽ നിനക്ക് നിൻ്റെ ജഡത്തിൽ ഒരു പ്രശംസ ഉണ്ടാകരുത് നിൻ്റെ ജഡത്തെ ആ നിലയെ മുറിച്ചു മാറ്റണം ഇതിനെ കാണിക്കുന്നതായിരുന്നു യഹൂദൻ്റെ ഇടയിലുണ്ടായിരുന്ന പരിച്ഛേദന അത് അക്ഷരാർത്ഥത്തിൽ അവൻ അവിടെ ചെയ്തെങ്കിൽ പുതിയ ഉടമ്പടി വരുമ്പോൾ നമ്മൾ എന്തോ വേണം നമ്മൾ നമ്മുടെ ഹൃദയത്തിലുള്ള ജഡത്തിലെ ആശ്രയത്വത്തെ ആ കോൺഫിഡൻസിനെ അതിനെ നമ്മൾ നിരന്തരം തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കണം ദൈവമേ നീ അല്ലാതെ എനിക്കാരും ഇല്ല നമ്മളത് പറയും നീ അല്ലാതെ എനിക്കാരും ഇല്ല പക്ഷേ അത് ശരിക്കും ഈ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ദാഹിച്ചു വരണ്ട ആ മാന് വെള്ളത്തിനായിട്ട് കേഴുന്നതുപോലെ ഒരു നിലപാടിലാണോ നമ്മൾ പലപ്പോഴും പറയുന്നത് പലപ്പോഴും അങ്ങനെയല്ല ഒരു ഭംഗിവാക്ക് പോലെ നമ്മൾ പലപ്പോഴും പറയുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആ ബോധ്യത്തോടെ ആ മാനെ പോലെ ദാഹത്തോടെ അത് പറഞ്ഞാൽ ആ ദൈവം നമ്മുടെ ദൈവം നമ്മുടെ കുറവ് ക്ഷമിച്ച് തരുമ്പം മോചിച്ചു തരുമ്പം നമുക്ക് വലിയൊരാശ്വാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കഴിയും നൂറ്റി ഏഴാമത്തെ സങ്കീർത്തനത്തിൽ ഒരു മനോഹരമായ വാക്യമുണ്ട് ആ വാക്യം കൂടെ വായിച്ചിട്ട് ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒൻപതാമത്തെ വാക്യം നമ്മളിപ്പോൾ പറഞ്ഞതുമായിട്ട് ചേർത്ത് അവൻ ആർത്തിയുള്ളവനെ തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുന്നു ആർക്കാണ് തൃപ്തി വരുന്നത് ആർത്തിയുള്ളവന് അതൃപ്തി വരുന്നു ആർക്കാ വിശപ്പ് മാറുന്നത് വിശപ്പുള്ളവന് മാത്രമേ അവനെ മാത്രമേ നന്മ കൊണ്ട് നിറയ്ക്കാനൊക്കെ ഉള്ളൂ പ്രിയപ്പെട്ടവരേ ഞാൻ ഒരൊറ്റ കാര്യമായി ഇന്ന് രാവിലെ പറഞ്ഞു നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു കുടുംബജീവിതമാകട്ടെ വ്യക്തിപരമായ ജീവിതമാകട്ടെ സഭാജീവിതമാകട്ടെ നമുക്ക് നമ്മിൽ തന്നെ പ്രശംസിക്കാനൊന്നുമില്ല ദയമേ ദയമേ എന്നെ നീ നീ തന്നെ എന്നെ തൃപ്തിപ്പെടുത്തണം ഞാൻ അതുപോലെ അതുപോലെ കുഴപ്പത്തില്ല അതുപോലെ വിശപ്പുള്ളവനാ വിശപ്പുള്ളവനെ മാത്രമേ തൃപ്തിപ്പെടുത്താനൊക്കെയുള്ളൂ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ചിലപ്പം വിശപ്പില്ലാതെ വന്ന അവർക്ക് എത്ര ഭക്ഷണം കൊടുത്താലും അവർ കഴിക്കുകയില്ല അതേസമയം വിശപ്പുണ്ടെങ്കിലോ വിശപ്പുണ്ടെങ്കിൽ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും വേണമെങ്കിൽ അവർ കഴിച്ചോളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒരു പാപബോധം വർദ്ധിച്ചു വരുന്ന ഒരു പാപബോധമുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ക്ഷമയെ ആഴത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുള്ളൂ ഇത് ഒരു പ്രസംഗ വിഷയമല്ല ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കേണ്ട ഒരു കാര്യം നമ്മൾ പലപ്പോഴും വളരെ വേഗത്തിൽ നമ്മിൽ തന്നെ പ്രസാദിക്കുന്നവരാണ് അതേസമയം മറുവശത്ത് കർത്താവിനെപ്പോലെ ക്രിസ്തുവും തന്നിൽ തന്നെ പ്രസ പ്രസാദിച്ചില്ല ആർക്കെങ്കിലും പ്രസാദിക്കാൻ വരുന്നെങ്കിൽ ക്രിസ്തുവിനാകാമാർ ഏറ്റവും വലിയ അപ്പോ സ്ഥലൻ പക്ഷേ താന് ദൈവത്തിൻ്റെ രക്ഷ നിരന്തരമറിയാൻ വലിയ രക്ഷ അറിയാൻ താനെന്തായി പാവിയിലൊന്നാമൻ എന്നുള്ളൊരു നിലപാടെടുത്തു അതൊരു കൃത്രിമമായിട്ടുണ്ടാക്കിയെടുത്ത നിലപാടല്ല മറിച്ച് ദൈവ ദൈവത്തിൻ്റെ തേജസ്സിനു മുമ്പിൽ ദൈവത്തിൻ്റെ വെളിപ്പാടിന് മുമ്പിൽ നിരന്തരം നിരന്തരം ഒരു കരച്ചിൽ കൊണ്ട് നടന്നു നമുക്ക് ആർത്തിയുണ്ടോ ആ നിലയിൽ ഒരു ആർത്തി ഒരു വിശപ്പുണ്ടോ ഒരു ദാഹമുണ്ടോ ദാഹിക്കുന്നവരെ ദൈവം തൃപ്തരാക്കും ആർത്തിയുള്ളവനെ ദൈവം തൃപ്തരാക്കും വിശപ്പുള്ളവനെ നന്മ കൊണ്ട് നിറയ്ക്കും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഓരോ തവണ ചെല്ലുമ്പോഴും കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് നമുക്ക് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ആ നിറവ് പ്രാപിക്കുമ്പോൾ ആ ക്ഷമ പ്രാപിച്ചു കഴിയുമ്പോൾ എന്നെ ഇത്രത്തോളം അഞ്ഞൂറ് വെള്ളിക്കാശ് എനിക്ക് തന്ന കർത്താവാണ് എന്നുള്ള ആ വലിയ ബോധ്യത്തിൽ കർത്താവിനെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് കഴിയും അപ്പോൾ കൂടുതൽ സ്നേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ പിന്നിലുണ്ടാകേണ്ട ആ കൂടുതൽ സ്നേഹത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമെന്താ വർദ്ധിച്ചു വരുന്ന പാപബോധം ഒന്ന് രണ്ട് ആ പാപബോധം മാത്രം പോരാ ആ പാപബോധം ദൈവസന്നദ്ധി വന്ന് ക്ഷമിച്ച് കിട്ടി എൻ്റെ ദാഹം തീർന്നു എന്നുള്ള തൃപ്തി ഈ രണ്ട് കാര്യങ്ങൾ ചേർന്ന് വരുമ്പോൾ നമുക്ക് ദൈവത്തെ കൂടുതലെ സ്നേഹിക്കാനായിട്ട് ഒക്കും നമ്മൾ മുമ്പേ പറഞ്ഞ പൗലോസ് പറഞ്ഞ കൊരിന്ദരോട് പറഞ്ഞ ആ മനോഭാവം ഇല്ലേ ആ മനോഭാവത്തെക്കുറിച്ച് നമ്മൾ സാധാരണ പാടുന്ന പാട്ടിൽ ഒരു സാൻസയുണ്ട് നിൻസ്നേഹാഹ്വാനം കേട്ടു ഞാനെല്ലാം വെടിഞ്ഞിട്ടില്ലെന്നാൽ എന്നതിൻ്റെ അഞ്ചാമത്തെ ചാൻസയിൽ ഈ പാട്ട് എഴുതിയിട്ടുള്ളത് നമുക്കറിയാവുന്ന പോലെ സാക്ക് ബ്രദറാണ് ഈ പാട്ട് എഴുതിയിട്ടുള്ളത് ഈ പാട്ടിൽ ആ ബ്രദർ പറയുന്നു മറ്റൊരിൻ തോൽവി എന്നുള്ളിൽ ഭാരമുണ്ടാക്കാതായെന്നാൽ ആരെയോ ഞാൻ വിധിച്ചെന്നാൽ നാഥാ നിൻ വിളിച്ചെന്നിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ തോൽവി അവരുടെ പരാജയം അത് കാണുമ്പോൾ ഞാനാണ് ഞാനാണ് തോറ്റത് എന്ന് നമുക്കൊരു ബോധ്യമുണ്ടോ നമ്മുടെ സഹോദരന്മാരുടെ നിലവാരമില്ലായ്മ കാണുമ്പോൾ അവരുടെ മാനസാന്തരമില്ലായ്മ അവരുടെ കാഠിന്യമുള്ള ഹൃദയം കാണുമ്പോൾ അവരെ കുറ്റപ്പെടുത്തുക എല്ലാം മറിച്ച് ഞാനാണിതിന് ഇതിന് ഉത്തരവാദി മറ്റൊരു തോൽവി എന്നുള്ളിൽ ഭാരമുണ്ടാക്കാതായെന്നാൽ ആരെയോ ഞാൻ വിധിച്ചെന്നാൽ നാഥാ നിൻവെളിച്ചം നൽകാം നമുക്ക് ദൈവസംഗ എഴുന്നേറ്റ് നിൽക്കുകയും ഇതിൻ്റെ ചില സ്റ്റാൻസുകൾ ചേർന്ന് പാടുകയും ചെയ്യാം